സത്യനിഷേധിക്കുകയും അള്ളാഹു സുബഹാനഹുവ ത്യാലയുടെ മാർഗത്തിൽ നിന്ന് തടയുകയും നേർവഴി വ്യക്തമായതിനുശേഷം ദൂതനെ എതിർക്കുകയും ചെയ്തവർ അള്ളാഹു സുബഹാനുഹൂവ ത്യാലയ്ക്ക് യാതൊരു ദോഷവും വരുത്തുകയില്ല അവൻ അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കും